പതിനൊന്നാം സർഗത്തിന്റെ അവസാന കാലം ആവർത്തനമാണ് പൊതുവായിട്ടൊന്നും അതിനകത്തില്ല അടുത്ത് പന്ത്രണ്ടാം സർക്കന്ത്ര സർഗങ്ങൾ വരുന്നത് മുൻപോട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞ കൂടുതൽ വിഷയത്തിലെയും കളകുന്നിടമോ ആ തുട ഭാഷ ചർച്ചയിൽ നിന്ന് ദ്വാദശലപ്പ് സിബസി പരിപൂർണമനാമാന്യ പ്രശ്നം ജാനാസിൽ ചോക്തനഹം പ്രവൃത്തോ വ്യക്തമാകാം മനസ്സെന്നുള്ള ഇതുവരെ വർണ്ണിച്ച രീതിയിൽ എല്ലാ നല്ല ഗുണങ്ങളും അദ്വൈത തത്വത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള മനസ്സോടുകൂടിയ മാന്യനായ ഹേ രാഘവ ും ജനാതെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതില്ല അതൊരു പ്രധാന യോഗ്യതയാണ് ഈ അദ്വൈതത്തെ മനസ്സിലാകുന്നതിന് കേൾക്കുന്ന ആളുകൾ ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് ഇനി അവസാനം വരെ അങ്ങനെയാകുന്നത് ചോദ്യത്തിനനുസരിച്ച് ഉത്തരം വില ചോദ്യം കറക്റ്റായി വന്ന ഉത്തരം കറക്റ്റ് ചോദ്യം എന്ന് പറയുന്നതാണോ പറയുന്ന ആണെങ്കിൽ പ്രചോദിപ്പിക്കുന്നതാണ് ഉത്തരം പറയുന്നത് അതുകൊണ്ട് നിനക്കതറിയാം ഉത്തമിച്ച ബേസ് പറഞ്ഞതെല്ലാം നീ മനസ്സിലാക്കുന്നുണ്ട് പറയുന്നത് കേൾവിക്കാരും മനസ്സിലായല്ലെങ്കിൽ പിന്നെ പറയാനുള്ള താല്പര്യം ആദരാക വക്തും പ്രവർത്താവ അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു നീ ഒരു നല്ല ചോദ്യകർത്താവായ ഞാനും കൂടെ ഒരു നല്ല വക്താവും ചോദിക്കുന്നു ശ്രോതാവും പറയുന്ന ആള് വക്താവും വളരെ വിഷയത്തിലുള്ള ആദരവോടുകൂടി ശ്രദ്ധയോടുകൂടി ഞാനും ശരി പറയാൻ തുടങ്ങാം എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഇനി അദ്വൈതത്തിന്റെ വാശിഷ്ടത്തിന്റെ പ്രക്രിയകളെല്ലാം ഇനിയാണ് വിശദമാക്കുന്നത് ഇതുവരെ പറഞ്ഞേക്കാൾ അതിന്റെ ഒരു ആമുഖമായിട്ടെടുത്താണ് ഇതുവരെ പറഞ്ഞതെല്ലാം കൂടുതലും വ്യക്തിയുടെ യോഗ്യതകളെ കുറിച്ചാണ് തത്വത്തെ കുറിച്ച് ഇനി ഇത്രയും വലുതായതോ നവർത്തിക്കും അതാവർത്താൻ വേണമെന്നൊന്നും കൊടുത്ത പക്ഷെ രജതമോഭ്യാം രഹിതാം ശബ്ദസത്വാനുപാതിയും അത് ആത്മനെ സംസ്ഥാപ്യ ജ്ഞാനം സൂതും സ്ഥിരോഭവാം രജസ്തമോഭ്യം രഹിതം രജസും തമസം ഇല്ലാത്തതായ ശുദ്ധസത്വാനുപാതി ശുദ്ധമായ തത്വം സത്വഗുണം അനുവർത്തിക്കുന്നതായ അനുപാതി അതനുവർത്തിക്കുന്നതായ മതിവിധി നിന്റെ ബുദ്ധിയെ ആത്മനി സംസ്ഥാപ്യ നിൽക്കണ്ണ വാക്കിച്ച് ബുദ്ധി വേരിചാടിക്കോ പറയുമ്പം ആ കേൾക്കുന്ന വിഷയത്തിൽ തന്നെ മനസ്സുറയ്ക്കണം ആ സമയത്ത് മനസ്സ് വിഷയത്തിന്റെ പുറത്ത് പോകാൻ മറ്റ് വിഷയങ്ങളും കൂടി ചിന്തിക്കാൻ പാടില്ല അനാവശ്യമായ ഭാവനകൾ അത് കൊണ്ടുവരാൻ പാടില്ല ചോദ്യങ്ങൾ കൊണ്ടുവരാൻ ഏത് വിഷയമാണോ പറയുന്ന ആ വിഷയത്തിൽ തന്നെ നിൽക്കുന്നത് അതാണ് ആത്മനി സംസ്ഥ തന്നെ ഉറപ്പിച്ചു താൻ ആത്മാവാണല്ലോ ആത്മാവിൽ ഉറപ്പിച്ചതും പറയാം ജ്ഞാനും സ്രോതും സ്ഥിരോഭവീ പറയുന്ന അറിവിനെ കേൾക്കുന്നതിന് വേണ്ടി സ്ഥിരോഭവ സ്ഥിരനായി സ്ഥിരമതിയായിരിക്കണം മനസ്സ് ഒരേ രീതിയിൽ ഇരിക്കുന്നു അതേത് വിഷയം കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ മനസ്സിൽ ഏകാഗ്രമായിരിക്കുന്നുണ്ട് ഇവിടെയുള്ള ആവശ്യമാണ് ഇവിടെയാണ് കൂടുതലുള്ള വിദ്യതയിലൂ പ്രുണാവലി ഭക്തഗുണവ മൈ രത്നശ്രീ രഥോയഥ ണെങ്കിൽ എല്ലാ ഗുണങ്ങളും സർവൈവ എല്ലാ ഗുണങ്ങളും വിദ്യതേ അപ്പൊ ചോദ്യം ചോദിക്കേണ്ട എല്ലാ ഗുണങ്ങളും നെല്ലും ഭക്തൻ ഗുണശൈവമായി എന്നിലും ഭക്തവും സർവേ യോഗ എല്ലാ ഗുണങ്ങളും എന്നിലും ഉണ്ട് അഷ്ട സ്വയം പറയണം എന്നിൽ പറയാനുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട് ഇത് യോഗം നമുക്കൊന്നും അത് പറയുന്നത് ശരിയാണോ അതൊരു അഹങ്കാര എല്ലാ യോഗ്യതയും എനിക്കുണ്ടെന്ന് സ്വയം തന്നെ പറയുന്നത് അപ്പൊ അങ്ങനെ പറയേണ്ടി വരും കാരണം പഴയകാലത്തെ പോലെ പഴയകാലത്ത് ഇന്നത്തെ പോലെ ശരി ഇതാണ് എന്റെ യോഗ്യത എന്ന് പറഞ്ഞ് യോഗ്യതയെ തെളിയിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ല പി എച്ച് ഡി ഇല്ല എല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പിന്നെ കേൾവിക്കാരന്റെ മുമ്പിൽ തന്റെ ആത്മവിശ്വാസത്തെ പ്രകടമാക്കും നിങ്ങളെത്തിയിരിക്കുന്നത് പറയാൻ ഇതിനെ കുറിച്ച് ആഴത്തിൽ അറിവുള്ള ഒരാളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അങ്ങനെ അവരുടെ ചെറുത്ത് കുറഞ്ഞു പോയേക്കും അതുകൊണ്ട് തന്റെ ആത്മവിശ്വാസത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടി തന്റെ യോഗ്യതയെ പ്രകടമാക്കുന്നതിന് ദോഷമൊന്നുമില്ല അത് അഹങ്കാരമുണ്ട് അഹങ്കാരമെന്ന് പറയും അൽപ്പബുദ്ധികളുടെയാണ് ആത്മവിശ്വാസം എന്ന് പറഞ്ഞ് മനസ്സ് നിറഞ്ഞവന് ആവിഷ്കാരമാണ് അതുകൊണ്ട് അതിന് ദോഷമില്ല അതുകൊണ്ട് എന്താണ് അങ്ങനെ എല്ലാ ഗുണങ്ങളും എല്ലാം ഉണ്ട് പറയുകയുണ്ട് അതുപോലെ ഉദാഹരണം പറയുകയും ഉപമ രത്നശ്രീ ജലധോ എങ്ങനെയാണോ ജല സമുദ്രത്തിൽ രത്നങ്ങൾ പോലെ സമുദ്രം വിശാലമാണ് ആര് രത്നങ്ങൾ പോലെയാണ് വിലപിടിപ്പുള്ള കാര്യങ്ങൾ അതിനകത്തുള്ള അതുപോലെയാണെന്നുള്ളത് എന്റെ വിശാദമായ അറിവിൽ വിലപിടിപ്പുള്ള അറിവുകളുണ്ട് ആപ്തവാനസി വൈരാഗ്യം വിവേകാസംഗജംസ ചന്ദ്രകാന്ത വിവാർദ്ര ലഗ്ന ചന്ദ്രകരോത്കലഹ്ത വൈരാഗ്യം നീ വൈരാഗ്യത്തെ പ്രാപിച്ചിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എങ്ങനെയുള്ള വൈരാഗ്യം വിവേക അസംഘജം വിവേകം കൊണ്ടുണ്ടായ അസംഖത്തിൽ അസംഗത വൈരാഗ്യം അസംഘത്തിൽ നിന്നുണ്ടാകുന്ന വൈരാഗ്യം പ്രത്യേകം പറയാൻ കാരണം വൈരാഗ്യത്തെ കൊടുത്ത് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് എന്തിനോടങ്ങൾ വിദ്വേഷം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിദ്വേഷം എന്നുള്ള അർത്ഥം ശത്രുവിനോട് വൈരാഗ്യം അത് ദേഷ്യമില്ല ക്രോധമില്ല അങ്ങനെയുള്ളതല്ല വിവേകം കൊണ്ടുവന്നു അത് രാമൻ ദിനകര വിവേകത്തെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ വിവേകം കൊണ്ടുവന്ന നിസ്സംഗത നിസ്സംഗത തന്നെയാണ് വൈരാഗ്യം എന്ന് പറഞ്ഞത് നിസ്സംഗമായി ആസക്തി ഇല്ലാതിരിക്കുക അതിൽ നിന്നവര് സുത അറിയപ്പെട്ടവരെ സംഭവം അതിനുള്ള വൈരാഗ്യം ദിനം കൊണ്ട് ഏതുപോലെ ലഗ്ന ചന്ദ്രകരോത്കര ചന്ദ്രകാന്തം ആർദ്രത്വം ആർദ്രത്വം ചന്ദ്രകലോത്കര ചന്ദ്രന്റെ കിരണങ്ങൾ അത് ലഗ്നം അത് പതിച്ച് ചന്ദ്രകാന്തം ചന്ദ്രകാന്ത എങ്ങനെയാണോ ആർദ്രത്വം ആർദ്രമാവും ഇതാണ് നമ്മുടെ സിനിമാ പാട്ട് കഴിയുന്നതാണ് ചന്ദ്രകയിൽ അലിയും ചന്ദ്രകാന്തം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതിൽ നിന്നൊക്കെയാണ് ഇത്തരം കവിഭാവനകളിൽ നിന്നാണ് അങ്ങനെ ഒരു ചന്ദ്രകാന്തം ഒന്നും ലോകത്തില്ല വേണ്ട കവിഭാവനയാണ് ചന്ദ്രകയിൽ കിടന്ന ചന്ദ്രകാന്തം അതിന് അങ്ങനെ ഈ ലോകത്ത് ചന്ദ്രകാന്തമേ കാണത്തില്ല എന്തുകൊണ്ടിരുന്നു എത്രയോ ചന്ദ്രിക കഴിഞ്ഞു പോയി അവരൊക്കെ ചന്ദ്രകാന്തങ്ങളെല്ലാം അലിഞ്ഞു പോയി പിന്നെ ചന്ദ്രകാന്തം അങ്ങനെ ഒരു പരത്തില്ലല്ലോ ചന്ദ്രികകൾ ഒരുപാട് കടന്നുപോയി അതൊരു കവിഭാവന ഇത്രയും മൃദുവായിരിക്കുന്നത് ചന്ദ്രിക എന്താണത് തീക്ഷണമായിട്ട് ശീതളമായ രശ്മികളാണ് ആ ശീതളമായ രശ്മിയൊണ്ട് ഒരു കല്ല് അലിഞ്ഞു പോകാൻ അതുപോലെ എനിക്ക് എന്നിട്ട് മനസ്സ് വളരെ ആർദ്രമായ മനസ്സാണ് എന്നിട്ട് ഞാൻ പറയുന്നതെല്ലാം ഉൾക്കൊള്ളുന്നതിന് പാകപ്പെട്ട ഒരു മനസ്സാണ് സത്വമാണ് അപ്പോ അതിന് നേരെ മനസ്സ് അത് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മോഹിതമായ മനസ്സ് തമസ്സിന് വെളിച്ചം കിടക്കാത്ത മനസ്സ് അതിനും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മനസ്സിൽ സത്വ ഗുണം കൊണ്ട് ആർദ്രമായിരിക്കുന്ന മനസ്സിനാണ് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതിനൊരു ഉപമം പറഞ്ഞിരുന്നേ ഉള്ളു ചിലം ആ ശൈശവാദേവ അഭ്യാസി ശുദ്ധേഹി ശുദ്ധ ദീർഘ പത്മസേവ അഭിസന്ത ദീർഘകാലമായി തീരും ആ ശൈശവാദ ശിശുവായിരിക്കുന്ന കാലം അത് തന്നെ അഭ്യാസ സദ്ഗുണങ്ങൾ സദ്ഗുണങ്ങളുമായിട്ട് നിനക്ക് അഭ്യാസം പരിചയം ഈ സദ്ഗുണസമ്പന്നനാണ് ശുദ്ധ ദീർഘ പത്മസ്വ അതിസന്തവും ദീർഘവുമായ അതിസന്തതമായ നിരന്തരമായിരിക്കുന്നെച്ചാൽ ഒരു ദോഷങ്ങളും എന്താ പപ്പസേ പപ്പത്തപ്പ അതായത് ഒരു നല്ല ഒരു താമര എടുത്തു കഴിഞ്ഞാല് വണ്ടൊന്നും കടിക്കാത്ത അതിനെന്താണോ നിരന്തരമായ അതിൻ്റെതായ തനിമ അതിൻ്റെതായ ശോഭ അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും കേടില്ലാത്ത പത്മമായി അതുപോലെയാണോ നിന്നിലെന്താണോ ശുദ്ധവും ദീർഘവുമായ സദ്ഗുണങ്ങൾ ദീർഘകാലം നിലനിർത്തുന്ന പരിശുദ്ധമായ സദ്ഗുണങ്ങളുണ്ട് എങ്ങനെയാണോ ഒരു കേടറ്റ പത്മത്തിൽ അതിന്റെ ഗുണങ്ങൾ അതിൽ ഇരിക്കുന്നത് സൗരഭ്യം ഉൾപ്പെടെയുള്ള കാന്തി ഉൾപ്പെടെയുള്ള ഗുണങ്ങളിരിക്കുന്നു അതുപോലെ നിന്നലുകൊണ്ട് അതിലൊന്നും അതിസന്ധതം എന്ന് വെച്ച ശൈശവം പോലെ ഇതുപോലെ അതൊരു ന്യൂനതയും വന്നിട്ടില്ല ഇടയ്ക്ക് നല്ലവനാകുക പിന്നെ മോശമാകുക അങ്ങനെയൊന്നുമില്ല രാമൻ നിരന്തരം അങ്ങനെയാണ് അതാണ് സൂക്ഷ്മ ദീർഘവുമായി ശുദ്ധമെന്ന് വെച്ചാൽ ഒരു കലർക്കുമില്ല മാലിന്യങ്ങളൊന്നുമില്ല ദീർഘം എന്ന് വെച്ചാൽ ശേഷവും മുതൽ ഇതുവരെ അത് ശൃ കഥാം പക്ഷേ തൊമേവാസ്യാഹി ഭജനം ചന്ദ്രൻ വിനാശ സവികാസ പതി അദർശതും അതുകൊണ്ടെന്താണ് കേൾക്കുക കഥാഷി ഞാൻ കഥ പറയാം മലയാളത്തിലെ കഥയല്ല കഥാ വാക്യപ്രബങ്ങൾ സംസ്കൃതത്തിൽ കഥയെന്ന് പറഞ്ഞാൽ പലയിടത്തും വാക്യപ്രബന്ധം എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ അതാണ് ഇവിടെ കഥ എന്ന് പറയുന്നത് അല്ലാതെ യക്ഷിക്കഥയല്ല യികളൂടെ കടന്നു വരും കേട്ടോ എന്നാലും ആ കഥയല്ല ഇവിടെ തത്വത്തിനാണ് പ്രാധാന്യം മറ്റ് കഥകളെ കൂടെ ധാരാളം പക്ഷെ കഥ ഉദ്ദേശിച്ചല്ല പറയും ഇനി പറയാൻ പോകുന്ന എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് തൊമേ വസ്യാഹിബായ ഈ കഥയ്ക്ക് അധികാരിയായിരുന്നവർ നീ തന്നെയാണ് ചന്ദ്രവിനാശിസവികാസ കൊടുക്കലുകൾ വിരിഞ്ഞ് അത് നിറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ചന്ദ്രം ചന്ദ്രമുണ്ടായ ആമ്പലുകളെല്ലാം വികസിക്കത്താണ് ചന്ദ്രം വിനാ ശുദ്ധ സവികാസന സമാരംഭാസ്ശേഷം ഏ കൈജന സമാരംഭ എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ അതെല്ലാം ദൃഷ്ട എന്തെല്ലാം ആശയങ്ങളുണ്ടോ ദൃഷ്ടി എന്ന് വെച്ചാൽ ജ്ഞാനം ആശയം എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ എന്തെല്ലാം ആശയങ്ങളുണ്ടോ അതെല്ലാം തന്നെ തേജതാസ് തേജ് ആ പ്രവൃത്തികളും സമാരംഭങ്ങളും ആ വിജ്ഞാനങ്ങളും എല്ലാം പതേ ദൃഷ്ട തത്വത്തെ ദർശിച്ചു കഴിഞ്ഞാൽ കഥ തത്വം അത് ദർശിച്ചു കഴിഞ്ഞാൽ വിശേഷം ശമ ഞാൻ പൂർണ്ണമായും ശമിക്കുന്നു അങ്ങനെയുള്ള ഒരു കഥയാണ് ഞാൻ എനിക്ക് പറയാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാ ആശയങ്ങളും ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും അവസാനിക്കുന്നതായ ആ തത്വദർശൻ അതിനെ കുറിച്ചാണ് ഞാൻ ഇനി ഉപദേശിക്കാൻ പോകുന്നത് മനസ്സ് ശമിക്കുന്നാണ് പറയുന്നതിന്റെ ചുരു മനസ്സിനോ എല്ലാ പ്രമുഖ ശ്രമിക്കും അതെനി വിസ്തരിച്ച് പറയും മനസ്സ് ശമിക്കുന്നതിനെ കുറിച്ചും പറയും മനസ്സ് ശമിക്കാത്തതിനെ കുറിച്ചും പറയും മനസ്സ് ശമിക്കുന്നതും ഇവിടെ പറയുന്ന തത്വ ദർശനം കൊണ്ടാണ് മനസ്സ് ശമിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല രണ്ടും പറയും ഒരു സന്ദർഭത്തിലെല്ലാം പറയില്ല നമ്മളെല്ലാം പറഞ്ഞോളൂന്ന് വാസിഷ്ടത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോളാം അതിന്റെ നേരെ വിപരീതമായി കാര്യവും മറ്റെവിടെയെങ്കിലും പറയും ഈ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് വാസിഷ്ടം അല്ലാതെ ശങ്കരാചാര്യത്തെ പോലെ ഒരുപോക്കല്ല രണ്ടും പറയും ശങ്കരായ ഒരുപോക്കെന്ന് പറഞ്ഞാൽ കാണാം സർവകർമ്മ സന്യാസം ഭിക്ഷ അതല്ല വാസിഷ്ടത്തിന്റെ പോക്കതല്ല ഇനി വേണമെങ്കിൽ പക്ഷേ ആകാം ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ സന്യാസവും ആകാം അല്ലെങ്കിലും പ്രശ്നമൊന്നും ഇപ്പം എല്ലാ കുട്ടിയും സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ മുമ്പോട്ട് നമ്മൾ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് കേട്ട അർത്ഥം മാത്രമാണ് യു വിശ്രാതിർ ഭവചേത തൃതും സ ചിന് മൌഖ്യം സഹേതകർ ഭ്യം ചേതോയസോ ഭവ സുമയുളായ പരമാർത്ഥമായ ചേതസ്സോടുകൂടിയവനാണ് ഭവ്യചേതസ് കർത്തരർത്ഥത്തിൽ കൃത്യപ്പെട്ടേക്ക് വരുന്ന അപൂർവ സന്ദർഭങ്ങൾ അതിന് ഉദാഹരണമാണ് അപ്പോൾ ഭവ്യചേതസ്സായിരുന്ന ഇവൻ അവന് ഇത് വിജ്ഞാന വിശ്രാന്തിന്റെ ഭയങ്കര വിജ്ഞാനത്തിന്റെ വിശ്രാന്തി ഉപശമം നേരത്തെ പറഞ്ഞല്ലോ എന്താണ് മനസ്സിന്റെ നാനാ വിജ്ഞാനശാസ്ത്രം മനസ്സെപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നു അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള അറിവുകളുണ്ട് ഇത് ശമിക്കാതിരുന്നാൽ പറയുന്നു വിജ്ഞാന വിശ്രാന്തി നവിയെ ഭവിയെ ചേർക്കും ഒരു ശരിയായ ഒരു നല്ല മനസ്സ് ആ മനസ്സിൽ വിജ്ഞാനത്തിന് വിശ്രാന്തി സംഭവിക്കണം അതാണ് ഇനി പറയാൻ പോകുന്ന ബ്രഹ്മവിദ് എന്നൊക്കെ പറയുന്നു വിജ്ഞാനത്തിന് വിശ്രാന്തി സംഭവിച്ചതാണ് അങ്ങനെ സംഭവിക്കാതിരിക്കുന്നു കഴിഞ്ഞാൽ തത് അസ്യാം സാ അത് ഈ സംസാരത്തിൽ സംസാര ജീവിതത്തിൽ അത് നല്ലത് തന്നെ വിജ്ഞാനം കൊണ്ട് ഉപയോഗമുണ്ടല്ലോ വിജ്ഞാനം വേസ്റ്റ് ആണെന്നല്ലോ പറയാം സംസാരത്തിൽ അത് സാധ്യത തന്നെയാണ് നല്ലത് തന്നെയാണ് നല്ലത് തന്നെയാണെന്ന് പറയും നല്ലതെന്നുള്ള അർത്ഥത്തിൽ പറയാം മോശം എന്നുള്ള ആൾക്കാർക്കും പറയാം രണ്ടും പറയാം നമ്മള് സഹനാരെയും ദേഷ്യം കൊണ്ട് പറയും നനക്ക് നല്ലത് വരും എന്ന് പറയാം അത്ര നല്ലതൊന്നും അല്ല എന്തുകൊണ്ട് ചിന്താമൂഢ്യം സഹേന കഥ ചിന്താമൂഢത ചിന്താമോഹം അതാർക്കാ സഹിക്കാൻ പറ്റുന്നത് ചിന്താമോഹം എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് വിജ്ഞാനമുണ്ട് പക്ഷെ തത്വം അറിയില്ല അതാണ് ഇവിടെ പറയുന്നത് ചിന്താമോഹം അത് പറയുന്ന ചിന്ത നമുക്ക് വിശിഷ്ടാദ്വീതത്തെ കുറിച്ചത് നല്ല ജ്ഞാനമുണ്ട് വൈദത്തെ കുറിച്ച് ജ്ഞാനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതൊക്കെ ചിന്താമോഹങ്ങളാണ് അങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങളെ കുറിച്ച് അറി ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല ചിന്താമോഹം ആര് സഹിക്കും പിന്നെന്ത് വേണം അതൊക്കെ ഈ സംസ്കൃതിയിൽ നല്ലതാണ് അത് മുക്തയെ അദ്ദേഹം പറയും അതൊക്കെ എന്തിനു കൊള്ളാം ഭുക്തിക്ക് കൊള്ളാം മുക്തിക്ക് അതൊക്കെ ഉപയോഗിക്കും അതാണ് പറയുന്നത് ഈ സംസാരത്തിനകത്ത് ഉപയോഗിക്കുന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇവിടെ പറയുന്ന വിജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ് ആ വിജ്ഞാനം ചിന്തകളെല്ലാം ഉപിപ്പിക്കുന്ന എന്നിട്ട് മനുഷ്യന് പരമമായ ആനന്ദത്തെ കൊടുക്കുന്ന അങ്ങനെ ഒരു വിജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത് അതങ്ങനെയൊക്കെ നടക്കുന്നു സംശയിക്കേണ്ട കാര്യമില്ല വിജ്ഞാനത്തിന് അതിന് അതിനുള്ള കഴിവുണ്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ ഏതാണ്ട് പറയുന്ന അബദ്ധമെന്നൊന്നും അത് തിരിച്ചല്ലേ അത് പരമമായ ആനന്ദത്തെ തുടക്കുന്ന ഒരു അറിവാണ് അങ്ങനെ പറയുന്നു അതെങ്ങനെയാണെന്നുള്ള ഇനി വരുന്ന അബദ്ധം പറയണത് രോഗവും എന്താണ് വേറെന്താണ് ഇഷ്ടാദ്വീതമൊക്കെ പഠിച്ചിട്ട് ഇത് അബദ്ധം ഒന്ന് ധരിച്ചുള്ളത് ഇതാണ് പരമാർത്ഥമായ ഇതാണ് സത്യം ഇതിന് മാത്രമേ ഒക്കെ സംഭവിക്കൂ ചിന്ത ഉപശമസം വേറെന്താ മറ്റുള്ളവർക്ക് ഈ സംസ്കൃതിക്ക് നല്ലതാണ് ഇവിടെ അതൊക്കെ ഓടും അതുകൊണ്ട് ചിന്താമോഹങ്ങൾ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഇനി പറയാൻ പോകുന്ന ശരിയായ അദ്വൈത അദ്വൈത തത്വത്തെ ഗ്രഹിച്ച് മനസ്സിനെ വശൂപ്പിക്കുക എന്നുള്ള നടക്കുമെന്ന് സംശയിക്കേണ്ട കാര്യമില്ല നടക്കുമെന്ന് ഇവിടെ ഇന്ന് തെളിയിച്ച് പരംപ്രാപ്തി വിരീന്റെ സർവ മനടമനത്തെ പരംപ്രാപ് വിനിയെ ഈ തത്വത്തെ പ്രാപിച്ചിട്ട് എന്ത് ചെയ്യുന്നു ചിത്തം തന്നെ വിനയിക്കുന്നു പിന്നെവിടെയാണ് ചിന്താ മോഹങ്ങൾ ഒരുപാട് ദർശനങ്ങൾ അതാണുശിതാണ് ശരി മറ്റേതാണ് ശരി അതൊക്കെ പിന്നെ ഇവിടെ നിലനിൽക്കുന്നു സർവ മനനവൃത്തികൾ സർവ ചിന്തകളും മനനവൃത്തി എന്ന് വെച്ച ചിന്ത സർവചിന്തകളും അദ്വൈതമായിങ്ങോട്ട് യോഗമായിങ്ങോട്ട് സാങ്കേതികമായിങ്ങോട്ട് എന്ത് എന്ത് ചിന്തകളായാലും എല്ലാം ചെയ്യുന്നതാണ് ഈ തത്വത്തെ പ്രാപിച്ചിട്ട് എല്ലാം ചെയ്യിക്കുന്നു അതാണ് പദ്യത്തിൽ പറഞ്ഞതാണ് സംഭവിക്കുന്ന കാര്യമാണ് ഉദാഹരണം പറഞ്ഞു കൽപ്പാന്തർക്കണാസങ്ക കുലശൈലം പർവ്വതം പോലെയുള്ള വലിയ വലിയ പർവ്വതങ്ങളുടെ ശിലകൾ കൂടി അതെന്ന് വെച്ചാൽ വളരെ കട്ടിയുള്ള ശിലകളാണ് ഒരിക്കലും തകരാത്ത ശിലകളാണ് അതെല്ലാം ചെയ്യുന്നു കൽപാന്തർക്ക ഗണാസങ്ക കൽപാന്തത്തിലെ അർക്കഗണങ്ങൾ അതിന്റെ ചൂടേറ്റിട്ടെന്ത് ചെയ്യുന്നു അതിന്റെ സംഘം കൊണ്ട് അതെല്ലാം വിലയുണ്ട് വിലയിച്ചു എന്ന് വെച്ചാല് എത്ര വലിയ കാഠിന്യമുണ്ട് ചില കൽപ്പാന്തം എന്ന് പറയുന്നത് അറിയാമല്ലോ ഈ കൽപ്പം അവസാനിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ആദിത്യന്മാരുടെ ആദിത്യമൊന്നുണ്ടല്ലോ ദോദശാദിത്യന്മാരൊക്കെ ഉണ്ടല്ലോ ഇവരുടെ ചൂട് കൊണ്ടെന്തേ എല്ലാം വിലയിച്ചു ഊരുകി ലയിച്ചു എങ്ങനെയാണോ ഈ കട്ടി പിടിച്ച പാടകളെല്ലാം ഊരുകി നമ്മുടെ മനസ്സും അതു തത്വം ഗ്രഹണം കൊണ്ടെല്ലാം മനസ്സ് മനസ്സ് തന്നെ വിലയിച്ചു മനസ്സേ അങ്ങനെ ഒരു അവസ്ഥയാണ് ദുസ്സഹ സംസാര വിഷ ആവേശ വിഷൂചിക യോഗകാരുടെ മന്ത്രേണ പാവനേന സംസാര വിഷ ആവേശ വിഷൂചിക സംസാര വിഷം ആവേശിച്ചിരിക്കുന്നതായ വിഷൂചിക വിഷൂചിക എന്ന് പറയുന്നത് ഓളട അസുഖം പഴയകാലത്ത് അതൊന്നും ഇല്ല ചത്തുപോകും മരുന്ന് വെക്കണം അങ്ങനെയുള്ള ആ അസുഖം ദുസ്സഹസഹിക്കാൻ പറ്റില്ല മരണമല്ലാതെ വേറെ വഴിയില്ല പക്ഷെ പിന്നെ പഴയകാലത്ത് ഒരു വഴിയുണ്ട് എന്താണ് യോഗ ഗാരുടെ മന്ത്രേണ യോഗ ഗാരുടെ മന്ത്രം അങ്ങനെ ഒരു മന്ത്രമുണ്ട് മന്ത്രം കൊണ്ട് പാപനാണ് അത് വളരെ പവിത്രമാണ് ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാ എന്തെയ്യും ഈ കോളറ ശമിക്കും പഴയ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ആരുടെ മന്ത്രം കൊണ്ട് അത് വളരെ പവിത്രമാണ് അതുകൊണ്ട് എന്തെയും അതേ ശ്രമിക്കുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു ഈ സംസാര രോഗം അതൊരു വിഷമിക്കുകയാണ് എങ്ങനെയാണ് ഈ ലോകത്തിലൂടെ വിക്ഷമിക്കുക ഗാരുടെ മന്ത്രം കൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ അത് ശ്രമിക്കുന്നത് അതുപോലെ എന്ത് ഈ സംസാര വിഷം ശ്രമിക്കുന്നു തത്വജ്ഞാനം ഇനി അങ്ങോട്ട് ഗദ്യവും പദ്യവും രണ്ടും വരും ഇടയ്ക്ക് ഗദ്യവും വരും ഇടയ്ക്ക് പദ്യം വരും അടുത്തു വരുന്ന ഗദ്യവും സ ച യോഗ സജ്ജന സഹാസ്ത്രവിചാരണമന്ത്രോനം ലഭ്യതയോഗ ജ്ഞാനമാകുന്ന മന്ത്രം എസ് അങ്ങനെയുള്ളതായ യോഗം സയോഗതായ ആ യോഗം ഇവിടെ യോഗം എന്ന് പറഞ്ഞാൽ പരമമായ യോഗമാണ് നമ്മൾ സംഗീയോഗത്തിൽ പറയുന്ന ആ യോഗത്തിൽ ഒതുക്കുന്ന യോഗമാണ് അദ്വൈതത്തിലെ ഇവിടെ അദ്വൈതത്തിലാണ് യോഗം നമ്മൾ അവിടെ പഠിക്കുന്നത് അബദ്ധ യോഗമാണ് എന്തുകൊണ്ടാണ് ദ്വൈതത്തിൻ്റെ യോഗമാണ് അതിവിടെ ശരിയാകത്തി എതിറ്റാകത്തി ഇവിടെ അതൊക്കെ തളികളയുന്നതാണ് ആ യോഗം ഇവിടെ അദ്വൈത യോഗം ഇപ്പൊ പരമാർത്ഥജ്ഞാനമന്ത്രമാകുന്ന പരമാർത്ഥജ്ഞാനമാകുന്ന മന്ത്രമുള്ളതായ യോഗം ആ ജ്ഞാനം തന്നെയാണ് മന്ത്രം അങ്ങനെയുള്ള യോഗം യോഗത്തെ വിശേഷിപ്പിക്കുക അത് ആ യോഗയോമിനെയാണ് ഒരാള് നേടുന്നത് സജ്ജന ശാസ്ത്ര വിചാരങ്ങ സജ്ജനങ്ങളുമായിട്ടുള്ള ശാസ്ത്ര വിചാരങ്ങളുണ്ട് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ശാസ്ത്രം ഒരുപാടുണ്ട് മനുഷ്യന് വഴി വഴിതെട്ടിക്കുന്ന ശാസ്ത്രങ്ങൾ യോഗം സാഖ്യം യോഗം തർക്കം പിന്നെ വിശിഷ്ടാദ്വൈതം ദ്വൈതം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശാസ്ത്രങ്ങൾ ഇതൊക്കെ മനുഷ്യർ വഴിതെറ്റിക്കുന്നതാണ് ഇവിടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തിനെടുക്കണം അദ്വൈതശാസ്ത്രം അതിന്റെ വിചാരങ്ങൾ ഇവർ എട്ട് ശാസ്ത്രം വിചാരം ചെയ്താൽ മതി വേറൊന്നും ആവശ്യമുള്ള അങ്ങനെയുള്ള ശാസ്ത്ര വിചാരം കൊണ്ട് ന്യൂനം ലഭ്യതയവ ആ യോഗം ഉറപ്പായിട്ട് കിട്ടും മനസ്സെല്ലാം വിഷമിച്ച് അതിനീ പതിനഞ്ചെട്ട് പറയുന്ന ദ്വൈത യോഗത്തിന്റെ ആവശ്യമേക്കാം അത് അബദ്ധമാണ് ഇതാണ് ശരിയായ യോഗം അപ്പൊ പിന്നെ എന്തിനാത് അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കും അല്ലേ അത് മനസ്സിലാവത്ത മനസ്സ് അതിലേക്ക് പോയാലോ അതിൽ പോകുമ്പോഴേ ഇതി തന്നെ മനസ്സിലായി അതുകൊണ്ട് അത് എന്നുള്ള ഉപായം ഇതാണ് പരമാർത്ഥ സജ്ജനങ്ങളുമായി മറ്റ് ശാസ്ത്രങ്ങൾ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുന്ന സജ്ജനങ്ങളെയാണ് സജ്ജനം എന്ന് ഉപദേശിച്ചി അത് സജ്ജനമായിട്ടൊന്നു പറയുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും ശാസ്ത്രം ആരെങ്കിലും പഠിപ്പിക്കുന്ന കേട്ടിട്ട് അവിടെ പോയി വായും പഠിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അത് അന്ന് സജ്ജനങ്ങളാണ് അദ്വൈതം ആരാണോ പറയുന്നത് ആ പറയുന്ന ആളാണെന്താ സജ്ജന അവശ്യ മിഹരിച്ചു യും അതോടെ അദ്വൈത വിചാരം ചെയ്തു കഴിഞ്ഞാൽ സകല ദുഃഖപരീക്ഷയും സകല ദുഃഖങ്ങളുടെയും പരീക്ഷയും പൂർണ്ണമായ നാശം അവശ്യം പോയി ധ്യാത്മിക സ്ഥാനങ്ങൾ അത് അവശ്യം അവശ്യം സംഭവിച്ചിരിക്കും എന്ന് മന്തവ്യമാണ് മനസ്സിലാക്കേണ്ടത് അതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് വിചാരദൃഷ്ടി അങ്ങനെയുള്ള അദ്വൈത പരമാർത്ഥ തത്വത്തെ കുറിക്കുന്ന അറിവ് അതാണ് വിചാരദൃഷ്ടി മനനദൃഷ്ടി അതിനെ മനനം ചെയ്യുന്നതായ അറിവ് അതാണ്ടോ സജ്ജന സമ്പർക്കങ്ങളുണ്ടാകുന്ന ആ അറിവാണ് വിചാരഗണ്യമാകുന്ന അറിവാണ് അല്ലെങ്കിൽ വിചാരൂപത്തിലുള്ള അറിവ് അങ്ങനെ അറിവുള്ളവര് അവഹേളയാധിഷ്ഠി അവരെ അവജ്ഞയോടുകൂടി ഒരിക്കലും കാണരുത് അവരൊരിക്കലും എന്തോരം ബ്രഹ്മസത്യം ജുഗന്മി പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞെന്ത് ചെയ്യും അവരെ അധിക്ഷേപിക്കുക അങ്ങനെ അവരോട് വളരെ ബഹുമാനം ഉണ്ടായിരിക്കണം അവർ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് പ്രയോജനം കൊണ്ട് എന്താണ് സകല ദുഃഖ പരീക്ഷ ഉറപ്പായി സംഭവിക്കുന്ന കാര്യമാണ് മറ്റൊരു ഉറപ്പുള്ള കാര്യമല്ല ഒരു പറയുന്നു ഇവിടെ ഇതൊക്കെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം വൈകുണ്ടത്തിൽ പോവും അവിടെ ഇരിക്കാ എന്താ ഉറപ്പ് ഈ വയുണ്ടോ എന്ന് അറിഞ്ഞൊരു സ്ഥലമുണ്ടോ ഇല്ലേ എന്ന് ആർത്ഥം ഇതൊന്നും ഒരു ഉറപ്പുള്ള കാര്യമില്ല ഇതങ്ങനെയുണ്ടായിക ഇവിടെ തന്നെ അവശ്യം തീർച്ചയായും സംഭവിക്കുന്നതാണ് എന്ത് ദുഃഖക്ഷ അതുകൊണ്ട് ആ വിചാരമാകുന്ന അറിവുള്ളവരെ ഒരിക്കലും നിന്ദിക്കരുത് വിചാരവത പുരുഷേണ സകലമിതം ആധികജലം സർപ്പേണ ച്ചവരിമക് സന്തജ്യജീതാകർ വിനോദ ഇന്ദ്രവ ജഗദിളം ആലോകിയേ സമ്യവതമ്യശനവോ പരം ദുഃഖമ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നത് വിചാരവതാ പുരുഷേത വിചാരം ചെയ്യുന്നവനായ പുരുഷൻ എന്ത് ചെയ്യുന്നു അവലോക്യത എന്ന് പറയുന്നത് അവൻ ലോകത്തെ ഇങ്ങനെ കാണുന്നു സകലമിധം ആധിപഞ്ചരണം ആധി വ്യാധി എന്ന് പറയുന്നത് എല്ലാ ദുഃഖങ്ങളുടെയും പഞ്ചരം ഇരിപ്പിടമായിരിക്കുന്ന വാസസ്ഥാനമായിരിക്കുന്ന സകല ഇതം ആദിപഞ്ജനം എല്ലാ ആദികളുടെയും ഇരിപ്പിടമായിരിക്കുന്ന സകലം ഇതം ആദിപഞ്ജനം എല്ലാ ദുഃഖങ്ങളുടെയും ഇരിപ്പിടമായിരിക്കുന്ന ഈ ശരീരത്തെ എന്നോട് ഞാൻ മനസ്സിലാവും ശരീരമാണ് ഇതിന് സർപ്പേടീവ എങ്ങനെയാണോ സർപ്പം അതിന്റെ തൊക്കെ രചിക്കുന്നത് സർപ്പം അതിന്റെ തൊല്ലോ ഉപേക്ഷിക്കുന്നുണ്ട് മരിക്കുന്നില്ലല്ലോ അത് വേറെ ഒരു ശരീരമാണ് അതോടൊള്ളുകൊണ്ട് അത് മരണം സംഭവിക്കുന്നത് അതുപോലെ വേറെ ശരീരം സ്വീകരിക്കുന്നില്ല അതുപോലെ ഉപനിഷത്തി പറയുന്ന ഉദാഹരണമാണ് അതിനോട് യാതൊരു സംഘവും ഇല്ലാതെ ശരീരത്തോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്തിന്റെ ഈ ഉദാഹരണം പറയുന്നത് അതുപോലെ പരിപക്വാം പരിപക്വമായ ഈ ഇതിനെ ഉപേക്ഷിച്ചിട്ട് അവിടുത്തെ ശരീരം കൊണ്ട് നേടേണ്ടതെല്ലാം നേടി ത്വക്കുപോലെ അതാണ് പെരുപക്വാന്ന് സ്വീകരിക്കുന്നത് അപ്പോ അങ്ങനെയാണ് ആ ത്വക്ക് ഇത് ഉപേക്ഷിക്കുന്നത് അതിന്റെ ഒരു പരിപക്വമായ അവസ്ഥ അതിനറിയാം ഇനി ഇതുകൊണ്ട് കാര്യങ്ങൾ ആ ത്വത്തിന്റെ ഒരു പരിപക്വമായ അവസ്ഥയെ സർപ്പം മനസ്സിലാക്കി ഉപേക്ഷിക്കുന്ന പോലെ ഈ ശരീരത്തിന്റെ പരിപക്വമായ ഒരവസ്ഥ എന്നുവെച്ചാൽ ഈ ശരീരം കൊണ്ട് എന്താണോ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞ ഒരവസ്ഥ അത് മനസ്സിലാക്കുന്ന ഒരു തത്വജ്ഞാനി ഈ ശരീരത്തെ ഉപേക്ഷിക്കും അതേസമയം വീക്ഷിക്കാം ശൈശവത്തിൽ തന്നെ ഉപേക്ഷിക്കള യൗവനത്തിനും വീക്ഷിക്കണം വാർദ്ധക്യത്തെ വീക്ഷിക്കണം എപ്പോഴാണോ ആ ബോധമുണ്ടാകുന്നത് അപ്പോ പരിപക്വമായിരിക്കുന്ന ഈ ശരീരമാകുന്ന ത്വക്കിന് തെറ്റി ഉപേക്ഷിച്ചിട്ട് ഒരു തരത്തിലുള്ള സന്താപവും ഇല്ലാ ദുഃഖമില്ലാ ശീതള ഒരു സ്പെഷ്യൽ പ്രയോഗമാണ് ശീതള അന്തക്കരണം വന്നിട്ടുള്ളൂ ശീതളമായ അന്തക്കരണമുള്ളവനായ ശീതളമായ അന്ധകരണമെന്ന് പറയുന്നത് എന്താണ് താപത്തിന്റെ നേരെ വിപരീതമാണ് ശീതളം ചൂടിന്റെ നേരെ വിപരീതമാണ് തിളപ്പ് അത് അങ്ങനെ മനസ്സിലാക്കിയ മതി അപ്പോ സാധാരണ പറയുന്ന ഈ സംസാര ദുഃഖങ്ങളെക്കൊണ്ട് തീഷ്ണമായിരിക്കും ടെൻഷൻ പ്രശ്നങ്ങൾ പല മനസ്സിൽ അതെല്ലാം കൊണ്ട് മനസ്സിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സെന്ത് ചെയ്യുന്നു ആയിസപോലെ തണക്കുന്നു അതാണ് ശീതനാഥക്രമം അപ്പം ഇതിന് ഇത് ആവർത്തിച്ചു വരും മനസ്സെന്ന് ഈ സംസാര ദുഃഖങ്ങളെ അഗ്നി തിളക്കുന്ന ജലം പോലെ തിളച്ചു മറി ഇവിടെ പറയുന്ന ആത്മവിദ്യ കൊണ്ട് പരമാർത്ഥ തത്വജ്ഞാനം കൊണ്ട് വയസ്സുപോലെ തണുത്തുറങ്ങി അതാ വേണ്ടത് അതാണ് ശീതളമായ എന്താ തണുന്ന് തുടങ്ങുമ്പോൾ അവിടെ ശാന്തി സമാധാനം എന്നുള്ള ഒരു മനസ്സായിരിക്കും സന്തോഷം ഈ മൂന്നുണ്ടെങ്കിൽ പിന്നെ വേറെന്ത് വേണം സന്തോഷം ശാന്തി സമാധാനം സന്തോഷ യോഗസൂത്രം പറഞ്ഞിട്ടുണ്ടോ അനുത്തമസൂത സന്തോഷം കൊണ്ട് ചെയ്യുന്ന വലിയ സുഖം വരുന്നു അപ്പൊ അതിന് അവിടെ ശാന്തി കൂടെ വന്നു കഴിഞ്ഞാലോ പരമമായ ശാന്തി സമാധാനം വ്യവഹാരം കൊണ്ട് വരുന്ന സമാധാനം ഇത് മൂന്നും കൂടെ വന്നു കഴിഞ്ഞാൽ സാധിക്കാത്ത കാര്യമൊന്നുമില്ല അപ്പൊ സാധിക്കുന്നതിന് അഭ്യയം വേണം എന്നുള്ളതാണ് മറ്റൊന്നുകൊണ്ടും അത് സാധിക്കില്ല മറ്റത് എന്താണ് തത്വവിചാരം മാത്രമേ മനസ്സിനെ സമാധാനത്തിലേക്ക് മോട്ടൂ മറ്റത് എന്താണ് യോഗത്തിലാണെങ്കിലോ നിരന്തരമായ അഭ്യാസമാണ് അഭ്യാസം ശരീരത്തിനും മനസ്സിനുമൊക്കെ വളരെ ആയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ പിന്നെ നിരന്തരം അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മനസ്സിന് ശാന്തി വരുന്നത് ശീതളയോ വരുന്ന വരും ഇനി ഭക്തി പോലെയുള്ള അവിടെ എപ്പോഴും വിരഹമാണ് വേർപാടിന്റെ വിരഹം മറ്റേ വിരഹം കരച്ചില് നോക്കി ജീവിച്ചത് ഇവിടെ സമാധാനം ഇവിടെ ആവരും സന്തോഷം വരും പക്ഷെ സന്താപം ഇടക്ക് ഇവിടെ പറയുന്ന പരമാർത്ഥ തത്വ ദർശനമാണെങ്കിലോ അതിനാണ് പരപ്രേമ രൂപ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതാണ് ആനന്ദം എന്ന് പറയുന്നതാണ് അപ്പൊ അത് ആനന്ദത്തിരിക്കും അതാണ് എന്ത് മനസ്സിന്റെ ശീതള ആണ് പറയുന്നത് ശീതള അന്ധക്കരണേന ഇതെല്ലാം വേറെ ഒരു വഴിയില്ല എന്താണ് ശാന്തിയിലും സമാധാനത്തിനും നിരന്തരം നിർത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ നൈരന്തര്യം ഈ തത്വദർശനം അറിയി അതാണ് ശീതലാന്ത വിനോദ ഇന്ദ്രജാല വിവാഹം നുതപ്രേരണ എന്ന് പറയുന്നത് വിനോദം നമ്മുടെ വിനോദം എന്ന് പറയുന്നത് തമാശ അങ്ങനെയുള്ള വിനോദ ജീവിതത്തിന്റെ പ്രവാഹം ജീവിതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു അനുസൃതമായി ഒരു തടസ്സമില്ലാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ലോകം എന്ത് ചെയ്യുന്നു ലോകം അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ദ്രജാലം ഇവ ജഗതഗിതം അനർത്ഥ ഈ പ്രപഞ്ചത്തിന്റെ സ്വാഭാവികമായ പ്രവാഹത്തിന് ഈ ലോകത്ത് മുഴുവൻ എന്താണ് ഒരു ഇന്ദ്രജാലത്തെ ഇന്ദ്രജാലം എന്നറിഞ്ഞിട്ട് കാണുന്നവനെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിൽ കൂടുതൽ എന്തുവേണം ഇന്ദ്രജാലം എന്ന് അറിഞ്ഞു കണ്ടാലേ അത് രസിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ആനയൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മള് മേടിച്ച് നിലവിളിച്ച് ഓടിപ്പോ ഇന്ദ്രജാലമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ദ്രജാലത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ സുഖം അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇന്ദ്രജാലം പോലെയാണ് അതുപോലെ ജഗത് അഖിലം മാന നോക്കിയതേ ആര് സംയുക്ത ദർശനം അദ്വൈതിയുടെ സംയുക്ത ദർശനം വേറെ ഒന്നും കൂടെ കൊണ്ടുവര വേറെ ഒരു സ്ഥാനം വൈതാണത് വഴി ഈ സംയുക്ത ദർശനമല്ലാതെ പരമാർത്ഥ തത്വജ്ഞാനം അല്ലാതെ ബാക്കിയുള്ളതെല്ലാം എന്താണ് അസമയക്തർശനമത് ബാക്കിയുള്ളതെല്ലാം അസംയുക്ത ദർശനമാണ് എവിടെയാണോ ഭേദജ്ഞാനമാണ് ഞാൻ വേറെയാണ് ഈശ്വരൻ വേറെയാണ് ഞാൻ ഭക്തനാണ് ഈശ്വരൻ എന്റെ യജമാനാണ് ഞാൻ അടിമയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളുണ്ടാവും ഇതെല്ലാം അസമയതി ദർശനമാണ് ഏകത്വം ഞാൻ ആ തത്വജ്ഞാനും അല്ലാതെ വരുന്ന എല്ലാ അസമിതി ദർശനമാണ് അവിടെ യാതൊരു വിട്ടുവീഴ്ചയില്ല ആർക്ക് യാതൊരു സൗജന്യമില്ല ആരും എന്താണ് ഇതിന്റെ ഇടയ്ക്ക് വേറെയും ഒന്നും കൊണ്ട് ഒരു സൂചി പോലും കുത്താനും ഇവിടെ ഇടം തരത്തില്ല ഇതൊന്നേ ഉള്ളൂ എന്താണ് സമ്യക് ദർശനം പരം ദുഃഖവിധം ദർശനമാണെങ്കിൽ അവനെ സംബന്ധിച്ചെന്താണ് അവരെന്തായാലും അവൻ്റെ ജീവിതം മുഴുവൻ എങ്ങനെയായിരിക്കും പരം ദുഃഖവിധം മുഴുവൻ ദുഃഖമാണ് അതാണ് നമ്മുടെ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് ഇനിയോ ചോദിച്ചോളൂ ഇനി മറ്റുള്ളവരുടെ കാര്യം എന്താണെന്ന് പറഞ്ഞു സമയ ദർശനം എന്താണെന്ന് പറഞ്ഞത് നമ്മുടെ ഒറ്റ പാലഗ്രാഫർ സമയ ദർശനമ ശീത ആലോചിക്കതയും ഈ പ്രപഞ്ചത്തെ അങ്ങനെ കണ്ടോ ആനന്ദിച്ചു പോകുന്നു മറ്റുള്ളവരോ അതിനി പറയും വിഷമോഹി അതിതരാം സംസാര ഭൂമി ഇവ ദശത്ത് അസിരിവഛനൻ കുന്ത ഇവ വേദ രജ്ജിരിവ ആവേഷ്ട പാവകൈവ ദഹത് രാത്രിരിവ അന്ധയിൽ അസംഗിതപരിപരിത പുരുഷാഹി പാഷാള ഇവ വിവശീകരോത് സംസാരി സംസ്കൃതം വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാൻ ഇഷ്ടമുള്ളവർ നല്ലതാണ് വായിക്കുന്നു പഠിക്കുന്നു കേൾക്കുന്നു ഒരുപാട് സംസ്കൃത പദങ്ങൾ അത് കിട്ടും ഭാഷാപരമായിട്ട് തീരുന്നു വിഷമോഹി അഭിതരാ അസമ്യക് ദർശനം ഇതിവിടെ തീരുന്നില്ല ഇതൊരു പാരഗ്രാഫ് എടുക്കും ഇനിയും വരും അസമ്യക് ദർശനമാണോ നിങ്ങൾ ഈ പറയുന്ന പരമാർത്ഥ സമത്വമില്ലാതിരിക്കുന്നതാണ് വിഷം സമത്വത്തിന് നേരെ വിപരീതം അതാണ് വിഷമം നിരന്തരം വൈഷമ്യങ്ങളാണ് അതിനാണ് നമ്മൾ വൈഷമ്യം എന്ന് പറയുന്നത് വിഷമം തന്നെ വൈഷമ്യം സംസാരരാഗോ അവർക്കെന്തോരും സംസാരരാഗമുണ്ടാവും ഇതിന് ഇന്ദ്രജാലം പോലെ അറിയുന്നതിനുള്ള ശേഷിയില്ല അപ്പോ ഇത് സത്യമാണെന്ന് കരുതിട്ട് ഇതിനകത്ത് രാഗമുണ്ടാകും സത്യമാണെന്ന് ആര് കരുതുന്നതും അവർക്ക് ഇതിന് രാഗമുണ്ടാവും ഇത് ഇന്ദ്രജാലമാണെന്ന് ആര് കരുതുന്നോ അവൻ ഇതിനോട് ഒരു രാഗമുണ്ടാവും അപ്പൊ ഇതിന് ഇന്ദ്രചാലമാണെന്ന് ഒരാൾ മാത്രമേ പറയൂ അദ്വൈം വേറെയായാലും ഇന്ദ്രചാരം ഉണ്ടാവൂ ബാക്കി എല്ലാവരും പറയുന്നത് എന്താണ് സത്യമാണെന്നാണ് അപ്പൊ അവർക്ക് ഇതിനോട് രാഗമുണ്ടാവും യോഗിയായാലും ഭക്തനായാലും ആരായാലും അദ്വൈതമില്ലാത്തവനാണെങ്കിൽ അവന് ഇതിനോട് രാഗമുണ്ടാവും രാഗമുണ്ടായാൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കും അനുഭവിച്ചേ മതിയാവും അപ്പൊ ആ രാഗം ഇത് ഇന്ദ്രജാനം വന്നു ഇതിനോട് വരുന്ന രാഗം ഭോഗിയോ സർപ്പം ദംസിക്കുന്നതുപോലെ ഇത് അവനെ ദംസിക്കുന്ന അവനെ പേടിക്കുകയും എന്ത് സംസാരും അസരിവശനത്തി ഒരു വാടകയാണോ ദേഹത്തെ ഛേദിക്കുന്ന അതുപോലെ എന്തെങ്കിലും രാഗവനെ ഛേദിക്കും നേരത്തെ പറഞ്ഞത് നേരെ വിപരീതമായ എല്ലാ അനുഭവങ്ങളും ഉണ്ടാവും കുന്ത ഇവ വേദയും കുന്തം പോലെ അവന്റെ ശരീരത്തിന് പോലെ അവനെ ബന്ധിക്കും സംസാര സംസാര സത്യവും നേരിയ പ്രശ്നങ്ങളാണ് രാഗം വരുന്നു ഇത് സംഭവിക്കും പാവകരിവ ദഹനി അഗ്നിയെപ്പോലെ അവനെ ദഹിപ്പിക്കും രാത്രിവന്ധി രാത്രി പോലെ അവനെന്താ അവനെന്തെയും കാണാ കണ്ണുകൊണ്ട് വിഷയങ്ങളെ കാണാത്തവനാ അവനെ ഇരുട്ടിലായിട്ട് അസംഗീത പരിപതിത പുരുഷാണ പാഷാണിവരോധി അസംഗീതപരിപതി നമ്മളിത് വഴിയാത്ത പോകുന്നു ആ വഴിയില് വലിയൊരു കിടങ്ങ് തീർത്ത് അതിൻ്റെ അകത്തു നിന്നുള്ള പൂർത്ത മൂർത്ത കല്ലുകളൊക്കെ വെച്ചിട്ട് അതിന്റെ പുറത്ത് ഈ ആനയൊക്കെ പിടിക്കാൻ പുഴിയെടുക്കുന്ന പോലെ അതിന്റെ പുറത്ത് കരിയിലേക്ക് മൂടി ഇട്ടിരിക്കുകയാണ് അസങ്കിതനായ ഒരു സംശയം ഇല്ലാതെ ഞാനിത് അടുത്തൊരു കുഴിയിലേക്ക് ചാടാൻ പോവുകയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്ന അനുഭവങ്ങൾ വളരെ വൈഷമ്യമുള്ളതാണ് ഇതൊന്നും അറിയാതെ മൂളിപ്പാട്ടും പാടി വഴി നടന്നു പോകുന്നു അപ്പോ കരീലയിലൊക്കെ ചവിട്ടി അങ്ങനെ നടന്നു പോകുന്നതാണ് അസംഖിത പരിപതി തന്നെ യാതൊരു സംഖ്യമില്ലാതെ എന്ത് ചെയ്യുന്നു ചെന്ന് കുളിച്ച് അവരെന്ത് അങ്ങനെയുള്ള പുരുഷൻ പാഷാള ഇപ്പോൾ വലിയ ആഴം കുഴിയാണ് അവിടെ ചെന്ന് കൂർത്ത മൂത്ത കല്ലുകളിൽ ചെന്ന് വീണാൻ ചെയ്യും വിവശീകരോ അവനെ വളരെയധികം വിവശമാക്കുന്നു അവന്റെ ശരീരമൊക്കെ കൊത്തിമുറിഞ്ഞ് കൈകാലം ഒടിഞ്ഞവനെ വിവശമാക്കുന്നു അതുപോലെയുള്ള സംസാരരാഗം ഈ ഇന്ദ്രജാലം എന്നറിയാത്തവൻ ഈ പ്രപഞ്ചസത്യം എന്നറിയുന്നു അവനെ വിവശമാക്കുന്നത് ഹരതിപ്രജ്ഞ അവന്റെ വിവേകത്തെ പ്രജ്ഞ അതിനെ പൂർണ്ണമായും അപഹരിച്ചു കളയും നാശയിലെ സ്ഥിതി അവന്റെ നിലനിൽപ്പിൽ തന്നെ അപകടത്തിലാകുന്നു സ്ഥിതി അവന് നിലനിൽക്കും ഈ സംസാരത്തിൽ തന്നെ നിലനിൽക്കുന്നത് അവന് സാധ്യമുണ്ടായിക്കുന്നു അവനെ നശിപ്പിക്കുന്നു പാതമാകുന്ന മോഹം വിവരമില്ലായ്മ അങ്ങനെയുള്ള അന്ധകൂപത്തിൽ ഇരുട്ട് നിറഞ്ഞ ഒരു കിണട്ടിലേക്ക് അവനെ തള്ളിയിരിക്കുന്നു പാതി ആ രാഗം കൃഷ്ണ അവനെ ജർജരി ത അവനെ പൂർണ്ണമായും ജീർണിപ്പിക്കുന്നു കൃഷ്ണ അവനെ ജീർണിപ്പിക്കുന്നു ഇങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ല പിന്നെ തദസ്സിഞ്ചിൽ ദുഃഖം സംസാരി എന്ന പ്രാപ്ത സംസാരി പ്രാപിക്കാത്തതായ ഒരു ദുഃഖമോ അവശേഷിക്കുന്നു അവനെല്ലാ ദുഃഖങ്ങളും അവനനുഭവിക്കേണ്ടി വരുന്നു അതുകൊണ്ട് എന്താണ് സംസാരരാഗം ഇല്ലാതാകണം ഇല്ലാതാകണമെങ്കിൽ ഈ രകത്തൊരു ഇന്ദ്രജാലവും പോലെയെന്ന് മനസ്സിലാവും ദുരന്തമായി ഇങ്ങനെ വിഷയം സൂചിക്ക ഇതിന് തിരുത്യതെ അന്നിതരാം ുരന്ത വിഷയവിശൂചിക്കുക ഈ വിഷയവിശൂചിക നേരനിറങ്ങിയ വിശേഷികൾ അത് ഈ മാറാരോഗം വിഷയങ്ങളാകുന്ന മാറാരോഗം ഇത് ദുരന്തമായി ദുഃഖത്തെ ഉണ്ടാക്കുന്ന ദുഃഖത്തിൽ പരിവസാനം ചെയ്യുന്നു ഇതിന്റെ അവസാനം കടുത്ത ദുഃഖമായിരുന്നു ദുരന്തം എന്ന് പറയുന്നതാണ് മോശം എന്താ ദുഃഖമാണ് ഇതിനെ ഈ ലോകത്ത് ചികിത്സിച്ചു എന്ത് സംസാര ലോകത്തെ ഈ രാഗത്തെ ചികിത്സിച്ചിതര അത് തീർത്തും നരക നഗര നികര ഫല അനുബന്ധിനി തത്വത്തിൽ നരകമെന്ന് കേട്ടാൽ തന്നെ നമുക്ക് പേടിയാം ചില പടങ്ങളിലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കും അതിനും ഭീകരമാണ് ആ നഗരം കൊണ്ടും നഗരങ്ങളുണ്ടാക്കിയാലോ നഗരം എന്ന് വെച്ചാൽ പട്ടണങ്ങൾ എന്തായിരിക്കും സ്ഥിതി നരകം തന്നെ ഓർക്കാൻ പേടിയാണ് ആ നരകം കൊണ്ട് പല നഗരങ്ങൾ നരകവും നഗരവും മാറിപ്പോലെ നഗരം എന്ന് പട്ടണമാണ് നരകങ്ങൾ കൊണ്ട് കുറെ പട്ടണങ്ങളുണ്ടാക്കി ഒന്നുമില്ല സൂപ്പർ നരകങ്ങളുണ്ടായി അതിന്റെ സമൂഹം അതൊന്നും രണ്ടുമല്ലാതെ അത് തന്നെയാണ് അതിന്റെ സമൂഹം അതിൻ്റെ ഫല അവിടുത്തെ ഫലങ്ങൾ റോഡുകൂടിച്ചേർന്നതായ ഈ വിഷയലോകം വിഷയലോകത്തെക്കുറിച്ച് പറയണം രകഫലങ്ങളോട് കൂടിയായ വിഷയവും ഈ നരകഫലം എന്താണെന്ന് ചിന്തിക്കും ഓരോന്നായിട്ട് അടുത്ത് എണ്ണി പറയും തത്തസ്കരുന്ന അതാത് ഫലങ്ങളെ ഉണ്ടാക്കി എന്ത് ഫലങ്ങളെ എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് അതുകൂടെ ഒന്നും എന്താണ് ഈ നരകം കൊല്ലം നിങ്ങളെ പോയിട്ടില്ലല്ലോ വളരെ വ്യക്തമായി പറയുന്നു നരകം ഈ നരകം എന്താണെന്ന് പറയുമ്പോ ഇവിടെ പറയുന്നത് ഈ പഴയകാല മനുഷ്യൻ എല്ലാ സമൂഹങ്ങളിലും എല്ലാ ഗോത്രങ്ങളിലും ഈ പര മനുഷ്യൻ പരസ്പരം പോരടിച്ച് വളർന്നതാണ് ഗോത്രങ്ങൾ അപ്പോ പോരടിക്കാന്ന് വെച്ചാൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ല കൊല്ലാനും കൂടെ അപ്പോ ശത്രുക്കളെ കിട്ടിക്കഴിഞ്ഞാൽ കൈവർ പലതരത്തിൽ പീഡിപ്പിച്ച് കൊല്ലും പൂ ചേരി കൊല്ലുന്നതാണ് പെട്ടെന്നൊന്നും കൊല്ലത്തില്ല അതിനായിട്ട് പീഡിപ്പിച്ച് അവന് മരിക്കാനുള്ളൊരു ട്രെയിനിങ് കൊടുത്തിട്ട് അങ്ങനെ കൊല്ലിക്ക ട്രെയിനിങ് കൊടുക്കും അതുപോലെ മനുഷ്യന് മനുഷ്യന് ഇപ്പോഴാണ് കുറേയൊക്കെ നന്നായ പണ്ടേ നന്നായ മനുഷ്യനാണ് അപ്പൊ പഴയ ശിക്ഷാവിധികൾ ഈ മനുഷ്യനനുഭവിച്ച ശിക്ഷാവിധികൾ പറഞ്ഞാണ് പണ്ട് നരകത്തെ കണിച്ചുള്ളത് ഇതുപോലെ നരകം എന്ന് പറഞ്ഞു പേടിക്കും അതെന്തൊക്കെയാണെന്നോ എത്ര സിത അസിത ഓരോന്നും വേറെ വേറെ ഇല്ല വായിക്കുന്ന ഓരോന്നും ഓരോ ശിക്ഷ അസിശാത പാത ഉപലതാടകം അഗ്നിദാഹും പലതൊന്നും കേട്ടിട്ടുകൊണ്ടിയില്ല ആദ്യം കേൾക്കുന്ന സംസ്കൃതത്തിലും മലയാളത്തിലും കേട്ടിട്ടുണ്ട് ഹിമ അവസേൽ അംഗവകർത്തൽ ചന്ദന ചർച്ച തരുമനാൽ ഗുണഭക്ത പരിമേഷ് സ്വീകരവർഷണം കുറച്ചുകൂടി കടുത്താണ് സ്ഥിരച്ഛേദവും നല്ല നിറവും ചിരച്ച് സുഖനിദ്ര മുഖീകരണം ആനനമുദ്ര ബാന്ധുര്യം മഹാ ഉപചരി ഏറ്റവും കടുത്ത നിരവും ഓരോന്നോരോന്നായിട്ട് നോക്കുക ആര് പേടിക്കരുത് എത്ര ശില വിശിസ്താവും ആറ് കഷണങ്ങളായി തീറ്റിരിക്കുക ശോചിക്കയും മുഴുകിൽ പോയാൽ ഇത്തരം നരകങ്ങള് പ്രാപിക്കേണ്ടി വന്നു അവിടെ ചെന്നുകഴിഞ്ഞാൽ എന്തായിരിക്കും പൊരിച്ച പോയും ബിരിയാണിയൊന്നുമല്ല പിന്നെന്താണ് ചില ആശയത്തിൽ പാറക്കല്ലേ തെറ്റി കടിച്ചാൽ പൊട്ടാത്ത പാറക്കല്ലേ തെറ്റി അതാണ് ഒന്നാമത്ത അതിശാതഹ വാട് കുഴച്ച് ചെറുതായിട്ട് മുറിക്കും ഈ ഉള്ളിയൊക്കെ മുറിക്കുന്നതുപോലെ ചെറുതായിട്ട് പാത പാത കെട്ടാത്തോന്നു നിസ്സാരമാണ് നിസ്സാരമല്ല വലിയ വലിയ കുന്നിന്റെ മോളി കൊണ്ടുപോയിട്ട് ഉരുട്ടിയിടും താഴോ താഴെ വന്ന് നിൽക്കും അതൊരു നരകമാണ് ഉപ്പല്ല താഴിലും ടിക്കും പക്ഷെ കൈ കൊണ്ടല്ല പിന്നെയോ നല്ല കൽക്കഷണങ്ങളോട്ട് ഇടിക്കും അഗ്നി ലാഹ് കേട്ടിടിക്കും തീ ഇട്ട് വറുത്തും ഹിമ അവസേ അവസേതം നല്ല മഞ്ഞ് മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ മത്സ്യം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസ് പൊട്ടിട്ട് അതിന്റെ ഇടയിലേക്ക് ഇറക്കി വെക്കുന്നു അതുപോലെ അവിടെ ചെന്നുകഴിഞ്ഞാൽ ഐസിന്റെ ഇടയിൽ ഇറക്കി വെക്കും ജീവനോടെ ഒന്ന് മരിച്ചു ചെല്ലും ഐസെടുത്ത് ഞാൻ അംഗ അപകർത്തന ശരീരത്തിന്റെ ഓരോ അവയവങ്ങളായാലും ചെറുതായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കും വിരൾ ആദ്യം നഖം പിന്നെ കുറച്ചുകൂടെ കയറ്റി മുറിക്കും പിന്നെ കുറച്ചുകൂടെ കയറ്റി മുറിക്കും ഡയബറ്റിക്സ് അറിയാം കോപ്പറേറ്റ് ചെയ്യുള്ളൂ അതുപോലെ കേട്ടൊന്നും രസമില്ല പോലീസം ആണെങ്കിൽ അവരാ ചന്ദരി ഇതാണ് സൂപ്പർ സാധനം അവിടെ ചെന്നു കഴിഞ്ഞാല് അവിടെ വിജയിക്കാനാണ് ഒരാൾ നമ്മളെ കാല് പിടിച്ച് പൊക്കും തല താളത്തില്ല എന്നിട്ട് അവിടെ കല്ലുക നല്ല കല്ലുക അതിന് തല വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കും പിടിച്ചുരക്കും വേറെ അതാണ് ചന്ദനം ചർച്ച എന്നിട്ട് ചന്ദനം അരയ്ക്കുന്ന പോലെ അരക്കും ചന്ദനം അരക്കുന്ന പോലെ നമ്മളെ അരയ്ക്കണെങ്കിൽ ഈ ഒരു പണിയെങ്കിലും വിട്ടു കാല് മുട്ടിപ്പിടിക്കുന്ന തല തടയിക്കും മുട്ടിക്കഴിഞ്ഞിട്ട് വരയ്ക്കും ഒരച്ചുരച്ചുരക്കിന്നര വരയ്ക്കും ചന്ദനം വരച്ചൊരു അവസാനം ചന്ദനം കാണിച്ചിട്ടില്ല അവിടെ അവസാനം നമ്മുടെ ഈ കാല് വരെ ഒരേ ഒരഞ്ഞ് അരഞ്ഞ് ചന്ദനമാക്കി അവിടെയുള്ള യമദൂതന്മാക്കി പിന്നെ അതാണ് ചന്ദനമായിട്ട് അവിടെ നെറ്റിൻ്റെ തൊട്ടക്കെ നടക്കുന്നത് ഈ ചന്ദനന്റെ കരുവനായും ഉള്ള വനങ്ങളുണ്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റു വിട്ടിട്ട് ഓടിക്കും ഒരിടത്ത് നിൽക്കാൻ പാടില്ല ഓടണം ഉള്ള വനത്തിൽ കൂടെ ഓടിയെന്തായാലും ഈ സ്ഥിതി മറ്റൊരു ഗുണം എത്താവുന്ന ഇത് വളരെ രസകരമായ കാര്യമാണ് ഈ തടിയെന്നുണ്ടല്ലോ തടിക്കകത്ത് പുഴുക്കളെ കയറി അപ്പോൾ ഇതിനെ പഴയകാലത്ത് ഈ തടി വെച്ചിട്ട് ഈർച്ച വാളുകൊണ്ട് ആർക്കും അവര് വാസ്വദിച്ച പുഴുവിനല്ല അർഗമെന്നുണ്ട് തടിയേളു പക്ഷെ തടി അടുത്ത അതിനകത്തിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും ഭാവനയെടുത്തു അതുപോലെ തന്നെയും ഓരോന്നിന്റെ അകത്ത് നേരെ ഡയറക്റ്റല്ല ഓരോ വീപ്പയ്ക്ക് ദേഹത്തൊക്കെ ജീവിച്ചിട്ട് ഇങ്ങനെ ആകട്ടെ ആൾക്കാരൊക്കെ ഗുണമുറത്ത പരിവേഷം ഇതും ഇറക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ ചങ്ങല പള്ളി എന്നിട്ട് ദേഹത്തെന്തെയും അതുകൊണ്ട് ചുറ്റും ഈ മാലയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടും അതുപോലെ ചുറ്റും പിന്നെ അങ്കപരിമാർജ്ജനം ഇത് തുടക്കത്തിൽ ഉള്ള ഒരു സുഖമുള്ള ഏർപ്പാടാകും ഇതെ ഈ മുഴുണ്ടല്ലോ മുള് അങ്ങനെയുള്ള സാധനങ്ങളോട് ദേഹത്തെ കുറേശ്ശെ കുറേശ്ശെ മാന്തം ഈ ചീപ്പ് പോലെ ഇരിക്കുന്നു കളത്തിലെ അതുകൊണ്ട് ഇങ്ങനെ മാന്തില്ലേ മാന്തി മാന്തി മാന്തി സ്പീഡ് കൂടി വരും ആഴവും കൂടി അതാണ് പരിമാ അംഗപരിമാർജ്ജനം പിന്നെ സമര നാരാചരന്തരം അനല വിചലിതം അഗ്നിയിൽ പഴിപ്പിച്ച് സമരനാരായ യുദ്ധത്തിനും മറ്റുപയോഗിക്കുന്ന നാരായൺ നാരായണിച്ച് അമ്പുകൊണ്ടിരിക്കും അതെന്തെയും ദേഹത്തെ പതിപ്പിക്കും ോദനം നല്ല മരുഭൂമിയിലെ കൊണ്ട് ഫ്രീ ആയിട്ട് ഉള്ളു നിങ്ങൾക്ക് അവിടെ എന്ത് വേണോ ചെറു ആഹാരം വേണമെന്നും കിട്ടത്തില്ലെന്നേ ഉള്ളൂ നല്ല ചൂടായിരിക്കും അമ്പത് ഡിഗ്രി ആകുമണിഗ്രിയിലെ ചൂടായിരിക്കും മരുഭൂമി അവിടെ നിങ്ങൾ ഉല്ലസിച്ചോളം പറയും പുറത്തിറങ്ങാൻ പറ്റില്ല അതിനകത്ത് തന്നെ ധാരാഗം ധാരാഗ്രഹം എന്ന് പറയുന്നത് പഴയകാലത്ത മഴ വെള്ളം ഇങ്ങനെ തുള്ളിത്തുള്ളിയായി വീണുകൊണ്ടിരിക്കുന്നു മഴ പെയ്യുന്ന പോലെ തുള്ളിത്തുള്ളിയായി വീഴ്ത്തക്ക രീതിയിലുള്ള വീട് തോർച്ചയുള്ള വീടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ അകത്ത് കയറ്റി നിറത്തും അതിനകത്തൊന്നും എനിക്കത് പുറത്തിറക്കത്തില്ല അതിന്റെ സ്വീകരവർഷവും ജലത്തുള്ളികളിങ്ങനെ വർഷിച്ചുകൊണ്ടേ അന്ന് ധാരാഗ്രഹ സ്വീകരണ ഭക്ഷണം ഇതിനു വേണ്ടി ഇതിനെ പ്രത്യേകം തയ്യാറാക്കിയത് ഐസുണ്ടാക്കുന്ന സ്ഥലം കണ്ടിട്ടുള്ളത് അതുപോലെ ഇവിടെ വെള്ളം വന്ന് മീനോലേ ചിരച്ചേരി ഇതാണ് ഏറ്റവും നല്ലത് ഒറ്റ വെട്ട് കിഴത്തങ്ങ് ചേരി പിന്നെ സുഖനിദ്ര മുഖീകരണം ഉറങ്ങാൻ അനുവദിക്കത്തില്ല ക്രൈംബ്രാഞ്ചുകാരെ പോലെ ഇറങ്ങിയിലൊരു കുറ്റവാളി കിട്ടിപ്പൊന്ന് ഉറങ്ങാൻ സമ്മതിച്ചു എപ്പോഴും ശല്യപ്പെടുത്തി ഒരു പക്ഷേ അവർക്ക് ഇവിടെ നിന്നായിരിക്കും നരകത്തിൽ നിന്നായിരിക്കും ചെയ്യുന്നത് സുഖമുദ്രാ മോഹീകരണം നല്ല ഉറക്കത്തെ കുറിച്ച് മിണ്ടാൻ കൂടെ കഴിയത്തില്ല ആനന മുദ്ര വായില ടേപ്പൊട്ടി പീഡനമൊക്കെ സഹിക്കുമ്പോ ഒന്നും നിലവിളിക്കാൻ പോലും അനുവദിക്കത്തിനാണ് ആന അടുത്ത് ബാന്ധുര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അങ്ങനെ ഒരു മെഷീൻ ഇവിടെ ഇല്ല ഒരു മെഷീനിൽ വെച്ചിട്ട് നമ്മുടെ എന്തുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഓടിക്കും അതാണ് ബാന്ധുര്യം മഹാനുപചര് ഇതാണ് ഇതൊരു കടുത്ത കാര്യം എന്ന് വെച്ചാ മനുഷ്യനെ ഇങ്ങനെ നിരത്തി കൊണ്ട് നാല് വശത്തു നിന്നും ആൾക്കാർക്ക് ഇടിക്കും ഇടിച്ചിടിച്ചു ശരീരമുള്ള നീര് വരുത്തും അപ്പം ഒരു ചെറിയ ഒടുന്ന് മെലിഞ്ഞ ഒരാളാണ് പോകുന്നതെങ്കിൽ അവിടെ ചെറിയ ഇത്രയും വലുതാകും ഇടിയുണ്ട് ഉള്ളവർ ഇല്ല ഇടികൊണ്ട് നീര് വന്നു ഉപജയമിറ്റ വൃദ്ധി ശരീരത്തിന് വലിയ വൃദ്ധിയുണ്ടാകും കണ്ടു കഴിഞ്ഞാൽ നല്ല ഒഴുത്ത് സുന്ദരനായിരിക്കുന്നു പക്ഷെ ഇടികൊണ്ട നീരാണ് ഇതാണ് നരകം മനസ്സിലായത് അപ്പൊ ഇത് ഇങ്ങനെ ഒരു നരകത്തെ കുറിച്ച് ഇവർക്ക് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റി സങ്കല്പല്ല പഴയകാലത്ത് എങ്ങനെ വേണം മനുഷ്യനെ ശിക്ഷിച്ചത് ആ ശിക്ഷണ നരകമായി അപ്പൊ ഇത് വളരെ ഭീതിതമാണ് ഭയത്തെ ഉണ്ടാക്കുന്നതാണ് സംസാര വിഷൂചിക്ക വിഷയവിശൂചിക്കുക ഭാവി ശോഭനമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സംസാരമുക്തിക്ക് തയ്യാറാകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഇത്ര ഭീകരമായി വന്നിട്ടുള്ളത് ഇനിയും